അങ്ങനെ മൂസ അലഹിസലാം കോപത്തോടും ദുഃഖത്തോടും കൂടി തൻറെ ജനതയുടെ അടുക്കൽ വന്നു അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയെ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നല്ലൊരു വാഗ്ദാനം നൽകിയിരുന്നില്ലേ അതോ കാലതാമസം കൂടിയോ അതോ നിങ്ങളുടെ രക്ഷിതാവിന്റെ കോപം നിങ്ങളുടെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ അതിനാൽ നിങ്ങൾ എന്റെ സമയത്തെ ലംഘിച്ചു